പ്രിയപ്പെട്ടവരെ നമ്മൾ ബൈബിൾ സ്റ്റഡിയുടെ ഭാഗമായിട്ട് നമ്മളെ വിവിധ താഴ്വരകളെ കുറിച്ച് ചിന്തിക്കുകയായിരുന്നല്ലോ നമ്മൾ രണ്ട് ദിനവൃത്താന്തം മുപ്പത്തി അഞ്ചാമധ്യായം അതിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ മെഗീതോ താഴ്വര എന്നൊരു താഴ്വരയെക്കുറിച്ച് നമ്മൾ കാണുന്നു മെഗീതോ താഴ്വര ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ശ്രദ്ധേയമായ ഒരു കാര്യം സംഭവിച്ച സ്ഥലമാണ് ഈ മെഗീതോ താഴ്വര ഇസ്രായേലിലെ യഹൂദിയ നാട്ടിലെ രാജാവ് അവന് അവൻ്റെ ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിൽ അവനെ യുദ്ധത്തിന് ചെന്ന് തോറ്റുപോയ ഒരു താഴ്വരയായിട്ടാണ് നമ്മൾ ഈ മെഗീദോ താഴ്വരയെ കാണുന്നത് യോഷിയാവ് എന്ന് പറയുന്ന രാജാവ് ഈ യോഷിയാവ് എട്ടാമത്തെ വയസ്സില് ഇസ്ര യഹൂദയ്ക്ക് രാജാവായതാണ് ഇരിസ്ലേമിൽ രാജാവായതാണ് അവനെക്കുറിച്ച് വായിക്കുന്ന ദാവീദിൻ്റെ വഴികളിൽ തൻ്റെ പിതാവായ ദാവീദിൻ്റെ വഴികളിൽ വലത്തോട്ടോ ഇടത്തോട്ടോ മാറാതെ ദൈവത്തെ പ്രസാദിപ്പിച്ച് തന്നെ ജീവിച്ച ഒരു രാജാവാണ് യോശിയാവ് പക്ഷേ ഈ യോശിയാവിൻ്റെ ജീവിതത്തിൽ അവൻ്റെ അവസാന ഘട്ടത്തിലേക്ക് വന്നപ്പോൾ അവന് ദൈവാലോചന കേൾക്കാതെ തനിക്ക് ബന്ധമില്ലാത്ത തന്നോട് വഴക്കില്ലാത്ത ഒരു രാജാവുമായിട്ട് യുദ്ധത്തിന് പോയി മെഗീതോ താഴ്വരയിൽ വെച്ചായിരുന്നു ആ യുദ്ധം അവിടെ വെച്ച് അവന് കഠിനമായി മുറിവേറ്റു അവൻ മരിച്ചു എല്ലാ യഹൂദയും എരിശിലേയും ഈ യോശിയ രാജാവിനെക്കുറിച്ച് വിലപിച്ചു ഇരമ്യാവും യോശിയാവെക്കുറിച്ച് വിലപിച്ചു വിലാപങ്ങളിൽ യോശിയാവെക്കുറിച്ച് പ്രസ്താവിച്ചിരിക്കുന്നു എന്നെല്ലാം നമ്മൾ രണ്ട് ദിനവൃത്താന്തം അതിൻ്റെ മുപ്പത്തിയഞ്ചാമത്തെ അധ്യായം ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള വാക്യങ്ങളിൽ വായിക്കുന്നത് യോഷ്യാവ് എന്ന് പറയുന്ന ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിച്ച ഒരു രാജാവ് പക്ഷേ അവനവൻ്റെ ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് വന്നപ്പോൾ ഒരുപക്ഷെ ദൈവം അവന് കൊടുത്ത ആ നേട്ടങ്ങളിൽ അവന് അല്പം നികളിച്ചു പോയത് കൊണ്ടാവാം തന്നെ സംബന്ധിക്കുന്നതല്ലാത്ത ഒരു കാര്യത്തിൽ കയറി ഇടപെട്ട് അങ്ങനെ മെഗീദോ താഴ്വരയിൽ തന്നെ ചെന്ന് യുദ്ധത്തിന് ചെന്ന് തോൽക്കാനായിട്ടും മുറിവേൽക്കാനായിട്ടും മരിക്കാനായിട്ടും ഇടയായതാണ് ഈ മികീദോ താഴ്വരയെക്കുറിച്ച് നമ്മൾ വായിക്കുന്ന ഭാഗം നമ്മൾ കാണുന്നത് ഇവിടെ ഈ മിസ്രൈമിലെ രാജാവായ മിസ്രൈൻ രാജാവായ നെഖോ നെഖോ പ്രാത്തിനു സമീപമുള്ള കക്കമേഷ് ആക്രമിക്കാൻ പോകുമ്പോൾ യോഷിയാവ് എന്ത് ചെയ്തു യോഷിയാവ് നേരെ പുറപ്പെട്ടു അപ്പം മിസ്രൈ രാജാവായി നെഖോ പറഞ്ഞു എനിക്ക് യഹൂദ രാജാവ് എനിക്ക് നിനക്കും തമ്മിൽ എന്താ നമ്മൾ തമ്മിൽ യുദ്ധമൊന്നുമില്ല ഞാൻ എനിക്ക് യുദ്ധമുള്ള കാക്കമിഷ് ആക്രമിക്കാനായിട്ട് പോവുകയാണ് നീ വെറുതെ ഇതിൻ്റെ അകത്ത് കയറി വെറുതെ വഴക്ക് വാങ്ങിക്കരുത് എന്നുള്ള മട്ടിൽ നെഹ്റോ യോഷിയാവിനോട് നല്ല കാര്യം പറഞ്ഞുകൊടുത്തു പക്ഷെ യോഷിയാവ് എന്തുകൊണ്ടോ ആ ആലോചനയെ എടുത്തില്ല ആ ആലോചനയെ ദൈവാലോചന എന്ന് തന്നെയാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് എൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യം നോക്കുക മുപ്പത്തിയഞ്ചിന്റെ ഇരുപത്തിരണ്ട് നെഹോ പറഞ്ഞ ദൈവവചനങ്ങളെ കേൾക്കാതെ അവൻ മെഗീദോ താഴ്വരയിൽ യുദ്ധം ചെയ്യുവാൻ ചെന്നു നെഹോ അവിടെ നമ്മൾ നെഹോ പറഞ്ഞത് ഞാൻ ഈ കാക്കമേശിനെതിരെ പോകുന്നത് ദൈവം എന്നോട് ചെന്ന് യുദ്ധം ചെയ്യാനായിട്ട് കൽപ്പിച്ചിരിക്കുന്നു നീയെ വെറുതെ എൻ്റെ കൂടെ ഇതിൻ്റെ ഇടയ്ക്ക് കടന്നു വന്ന് എൻ്റെ പക്ഷത്തിലുള്ള ദൈവം നിന്നെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് ഇടപെടരുത് എന്നൊക്കെ പറയിച്ചു പേരിൽ തന്നെയാണ് നെഖോ പറഞ്ഞത് എന്നിട്ട് ദൈവോചനമായിട്ടാണ് അതിനെ ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏതായാലും നെഖോ പറഞ്ഞ ആ വചനങ്ങളെ ദൈവജനങ്ങളെ തന്നെയാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് അതുകൊണ്ട് അങ്ങനെ തന്നെ എടുക്കാം ആ ദൈവചനങ്ങളെ കേൾക്കാതെ മെഗീതോ താഴ്വരയിൽ യുദ്ധം ചെയ്യുവാൻ ചെന്നു വില്ലയാളികൾ യോഷ്യാ രാജാവിനെ എഴുതു അവന് മരിച്ചുപോയി അവനെക്കുറിച്ച് ഇരമ്യാവും മറ്റ് പലരും വിലാപങ്ങളിൽ അവനെക്കുറിച്ച് വിശദമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നെല്ലാം ആണ് നമ്മളവിടെ കാണുന്നത് പ്രിയപ്പെട്ടവർ ഈ മെഗീതോ താഴ്വരയെക്കുറിച്ച് തന്നെ നമ്മൾ പിന്നീട് ഒരു പരാമർശം കാണുന്നത് സെക്കരിയാവിൻ്റെ പുസ്തകത്തിലാണ് സെക്കരിയാവിൻ്റെ പുസ്തകം അതിൻ്റെ പന്ത്രണ്ടാമത്തെ അധ്യായം പന്ത്രണ്ടാമത്തെ അധ്യായം അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യം സക്കരിയാവ് പന്ത്രണ്ടിൻ്റെ പതിനൊന്ന് അന്നാളിൽ മെഗീതോ താഴ്വരയിൽ ഉണ്ടായ വിലാപം പോലെ യരുഷലേമിൽ ഒരു മഹാവിലാപം ഉണ്ടാകും സക്കരിയാ പ്രവാചകൻ ഇവിടെ പറയുന്ന ഈ സംഭവം എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിൽ ഇസ്രായേലിന് സംഭവിക്കുന്ന ആ മഹാവിലാപത്തെക്കുറിച്ചാണ് നമ്മളത് യുവജനത്തെ ശ്രദ്ധയോടെ വായിക്കുമ്പോൾ അവിടെ സക്കരിയാവ് താന് തൻ്റെ ജി തൻ്റെ സന്ദേശങ്ങളുടെ അവസാനത്തെ അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ചാണ് പറയുന്നത് കർത്താവ് രണ്ടാമത് വരും വരുമ്പോൾ ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചിടത്തോളം എന്താ സംഭവിക്കുന്നത് അവര് അവരുടെ വീണ്ടെടുപ്പുകാരനായിട്ട് എതിർ ക്രിസ്തുവിനെയാണ് അവർ വിശ്വസിക്കുന്നത് പക്ഷേ എതിർ ക്രിസ്തു ആദ്യം അവരോട് ചേർന്ന് തന്നെ നിൽക്കും എന്നാൽ മഹോപദ്രവത്തിൻ്റെ മൂന്നര വർഷം കഴിയുമ്പോൾ അവനവൻ്റെ തനി നിറം വെളിവാക്കും ഇസ്രായേൽ മക്കളുടെ യരുഷലേമിലെ ദേവാലയത്തിൽ അവനവൻ്റെ വിഗ്രഹം സ്ഥാപിക്കും അങ്ങനെ വരുമ്പോൾ ഇ ഇസ്രായേൽ മക്കളും ഈ എതിർ തമ്മിൽ പിണങ്ങും എതിർ ക്രിസ്തു ഇസ്രായേൽ മക്കളെ ഉപദ്രവിക്കാനായിട്ട് തുടങ്ങും ഇങ്ങനെയുള്ള ഘട്ടത്തിൽ അവർ അവരുടെ രക്ഷകന് വേണ്ടി അവരുടെ മഷിഹായിക്കു വേണ്ടി വലിയ നിലവിളി അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും അന്നേരമാണ് മഹോബദ്രോത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ കർത്താവായി യേശു ക്രിസ്തു തൻ്റെ ഈ ഭൂമിയിലേക്ക് കടന്നു വരുന്നത് കടന്നു വരുമ്പോൾ അവർ കർത്താവിനെ കാണുമ്പോൾ അവനെ അവര് എന്ത് അതിൻ്റെ പത്താമത്തെ വാക്യം പന്ത്രണ്ടിൻ്റെ പത്ത് തങ്ങൾ കുത്തിയിട്ടുള്ളവെങ്കിലേക്ക് അവർ നോക്കും ഏകജാതനെക്കുറിച്ച് വിലപിക്കുന്ന പോലെ അവർ അവനെക്കുറിച്ച് വിലപിക്കും ആദ്യ ജാതനയെ അവർ അവനെക്കുറിച്ച് വ്യസനിക്കും അന്നാളിൽ മെഗീദോ താഴ്വരയിൽ വിലാപം പോലെ എതിസ്ലേമിൽ ഒരു മഹാവിലാപം ഉണ്ടാകും ഇസ്രായേൽ മക്കൾ അന്ന് അവിടെ വച്ചാണ് സാക്ഷാൽ നസ്രയനായ യേശു ആയിരുന്നു തങ്ങളുടെ രക്ഷകനെന്നും തങ്ങളുടെ മഷിഹ എന്നും തിരിച്ചറിയുന്നത് തങ്ങളെ തള്ളിക്കളഞ്ഞവനായ ആ മഷിഹ തങ്ങളെ ക്രൂശിച്ചു കൊന്നവനായ ആ മഷിഹ അവൻ നസ്രയനായ യേശു തന്നെ ആയിരുന്നു എന്നുള്ളത് അവര് അവിടെ വെച്ച് തിരിച്ചറിയും അതുകൊണ്ടാണ് തങ്ങൾ കുത്തിയിട്ടുള്ളവെങ്കിലേക്ക് അവർ നോക്കും തങ്ങളെ ക്രൂശിച്ചവനിലേക്ക് തന്നെ അവർ നോക്കും അയ്യോ ഇത്രയും നാളുകൾക്ക് മുമ്പ് ഞങ്ങളുടെ അടുത്തേക്ക് മഷിക വന്നപ്പോൾ ഞങ്ങൾ അവനെ തള്ളിക്കളഞ്ഞല്ലോ എന്നുള്ള വിഷമത്തിൽ അവർ ഏകജാതനെ കുറിച്ച് വിലപിക്കുന്നത് ആ സമയത്ത് കർത്താവിൻ്റെ മുമ്പാകെ വിലപിക്കും വ്യസനിക്കും കർത്താവ് അവരെ വീണ്ടും ചേർത്ത് കൊള്ളും ഈ കാര്യങ്ങളൊക്കെയാണ് അവിടെ പറയുന്നത് അവരില് അവരിൽ നമ്മളവിടെ വായിക്കുന്ന പന്ത്രണ്ടിൻ്റെ പത്താമത്തെ വാക്യത്തിൽ ഞാൻ ദാവീത് ഗ്രഹത്തിന്മേലും എരിശിലെ നിവാസികളുടെ കൃപയുടെയും യാചനകളുടെയും ആത്മാവിനെ പകരും തങ്ങൾ കുത്തിയിട്ടുള്ളവെങ്കിലേക്ക് അവർ നോക്കും ഏകജാതനെക്കുറിച്ച് വിലപിക്കുന്നത് പോലെ അവരെ വിലപിക്കും ഇത് ഏകജാതനെ കുറിച്ച് വിലപിക്കുന്നത് പോലെ അവർ അവനെ കുറിച്ച് വിലപിക്കുമെന്ന് സക്കരിയാവ് ഇത് പറയുമ്പോൾ ഇരമ്യാവ് നേരത്തെ ഇരമ്യാവ് പ്രവാചകൻ സത്യത്തില് നമ്മൾ മുമ്പേ പറഞ്ഞ യോശിയ രാജാവിൻ്റെ കാലഘട്ടത്തിലാണല്ലോ തൻ്റെ പ്രവചന ശുശ്രൂഷ ആരംഭിച്ചത് ഇരമ്യാവിൻ്റെ പുസ്തകം ഒന്നാമധ്യായം അതിൻ്റെ രണ്ടാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയും ഇരമ്യാവ് തൻ്റെ പ്രവചന ശുശ്രൂഷ ആരംഭിച്ചത് യോഷ്യാ രാജാവ് എരുസലേമിലെ രാജാവായിട്ട് വാഴുന്ന ആ ഘട്ടത്തിൽ അവൻ്റെ വാഴ്ചയുടെ പതിമൂന്നാമത്തെ ആണ്ടിലാണ് ഇരമ്യ പ്രവാചകൻ തൻ്റെ പ്രവാചക ശുശ്രൂഷ ആരംഭിക്കുന്നത് ആ ഇരമ്യ പ്രവാചകൻ തൻ്റെ ആറാമത്തെ അധ്യായത്തിൽ ഇരമ്യ പ്രവചനം അതിൻ്റെ ആറാമത്തെ അധ്യായത്തിലെ ഇരുപത്തിയാറാമത്തെ വാക്യത്തിൽ ഏകജാതനെക്കുറിച്ച് എന്ന പോലെയുള്ള ദുഃഖവും കഠിനമായുള്ള വിലാപവും കഴിച്ചു കൊള്ളുക എന്ന് പറയുന്നുണ്ട് ഏർ അങ്ങനെ നേരത്തെ ഇരമ്യാവ് ഏകജാതനെക്കുറിച്ച് എന്ന പോലെയുള്ള ദുഃഖവും കഠിനമായ വിലാപവും കഴിച്ചുകൊള്ളുക എന്ന് പറഞ്ഞത് ഏതാണ്ട അതുപോലെ എടുത്ത സക്കരിയാവും ഇവിടെ പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ ഉദ്ധരിച്ചു കൊണ്ട് അന്ന് ഇസ്രായേൽ മക്കൾ ഏകജാതനെക്കുറിച്ച് വിലപിക്കുന്ന പോലെ കർത്താവിനെക്കുറിച്ച് അവർ വിലപിക്കും തങ്ങളുടെ മഷീഹായ തങ്ങളെ തള്ളിക്കളഞ്ഞല്ലോ എന്ന് അവർ ദുഃഖിക്കും ഇതെല്ലാം മെഗീതോ താഴ്വരയിൽ നടന്ന ആ വലിയ വിലാപത്തോട് ചേർത്താണ് നമ്മൾ ഇവിടെ വായിക്കുന്നത് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് മെഗീതോ താഴ്വര ഇതിൻ്റെ ഈ പശ്ചാത്തലം നമ്മൾ നോക്കുമ്പോൾ അത് ഒരു വിലാപത്തിൻ്റെ ഒരു താഴ്വരയാണ് വിലാപത്തിൻ്റെ താഴ്വര തങ്ങള് ദൈവത്തിങ്കിലേക്ക് അവർ നോക്കുന്ന ഒരു താഴ്വരയാണ് ഈ താഴ്വര ഈ താഴ്വര നമ്മുടെ ജീവിതത്തിലും ആ നിലയിൽ ദൈവത്തിങ്കിലേക്ക് അടുത്തു വരാനും ദൈവമുഖത്തേക്ക് നോക്കി ദൈവത്തോട് നിലവിളിക്കാനും ഉള്ള ഒരു താഴ്വരയായിട്ട് നമുക്ക് തിരിച്ചറിയുകയും ആ നിലയിൽ നമുക്ക് സ്വീകരിക്കുകയും ചെയ്യാം എരിശലേമിലെ രാജാവായിരുന്ന യോഷിയാവ് മെഗീദോ താഴ്വരയിൽ ചെന്ന് അവിടെ വച്ച് മിസ്രൈം രാജാവായ നെഖോയുമായിട്ടു നടന്ന ഏറ്റുമുട്ടൽ കൊല്ലപ്പെടുകയും തുടർന്നവിടെ വലിയ രാജ്യത്ത് വലിയ വിലാപം നടക്കുകയും ഒക്കെ ചെയ്ത കാര്യമാണ് നമ്മൾ വായിച്ചത് അതിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ യരിഷലേമിൽ പിന്നീട് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ ഇസ്രായേൽ മക്കളുടെ വലിയ വിലാപമുണ്ടാകും സക്കിരിയാവിൻ്റെ പുസ്തകം പന്ത്രണ്ടിൻ്റെ പതിനൊന്നിലെ നമ്മൾ വായിച്ചത് മെഗീതോ താഴ്വരയിൽ നടന്ന വിലാപത്തെ അനുസ്മരിപ്പിക്കുന്ന മട്ടിലുള്ള വലിയ വിലാപം കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ ഇസ്രായേൽ മക്കളുടെ ഇടയിൽ എരുസിലേമിൽ ആ വിലാപം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചറിവാണ് തങ്ങളെ ഒരിക്കൽ തള്ളിക്കളഞ്ഞ യേശു തന്നെയാണ് മഷിഹ എന്ന് തിരിച്ചറിഞ്ഞ് അവരെ കർത്താവിൻ്റെ അടുത്തേക്ക് അനുതാപവാക്യങ്ങളോടെ മടങ്ങി വരുന്നതും കുത്തിയ തന്നെ അവർ തിരികെ വരുന്നതും ഒക്കെ അവരുടെ ഒരു മടങ്ങിവരവിൻ്റെ ചിത്രമാണ് ദൈവം അവരെ എന്തു ചെയ്യും ദൈവം അവരെ തള്ളിക്കളയുകയില്ല അവരെ വീണ്ടും തൻ്റെ അടുത്തേക്ക് ചേർക്കും പ്രിയപ്പെട്ടവരെ ഈ കാര്യങ്ങളൊക്കെയാണല്ലോ നമ്മൾ ചിന്തിച്ചു നമുക്ക് വളരെ വേഗത്തിൽ ഈ നമ്മൾ ചിന്തിച്ച ആ യോശിയാവിൻ്റെ ജീവിതത്തിൽ തന്നെ നേരത്തെ ഒരു സന്ദർഭം അവൻ താന് ന് പുസ്തകം തനിക്ക് ഏഹോയുടെ ആലയത്തിൽ നിന്ന് കിട്ടിയ ഒരു സന്ദർഭം അതിൻ്റെ മുപ്പത്തിനാലാമത്തെ അധ്യായത്തിൽ രണ്ട് ദിനവൃത്താന്തം മുപ്പത്തിനാലാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു അവിടെ ഏഹോയുടെ ആലയത്തിൽ നിന്ന് ഒരു ന്യായപ്രമാണ പുസ്തകം കണ്ടുകിട്ടി ആ ന്യായപ്രമാണ പുസ്തകം വായിച്ച് കേട്ടപ്പോൾ യോശിയാവ് എന്ത് ചെയ്തു യോശിയാവ് തൻ്റെ വസ്ത്രം കീറി തന്നെ തന്നെ താഴ്ത്തി ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നൊക്കെ അനുസരിച്ചല്ലോ ഞങ്ങൾ പലരും നടന്നത് അതുകൊണ്ട് ദൈവത്തിൻ്റെ ന്യായവിധി ഞങ്ങൾക്കുണ്ടാകുമോ എന്ന് താനെ ഭയപ്പെടുകയും ദൈവസന്നിധിയിൽ കരയുകയും വിലപിക്കുകയും ചെയ്യുന്നു ഉടനെ താൻ ഈ കാര്യം ചോദിക്കാനായിട്ട് ഹുൽദ എന്നൊരു പ്രവാചകിയുടെ അടുക്കിലേക്ക് രാജാവ് നിയോഗിച്ച രണ്ടുപേരെ ചെന്ന് അവരെ ഈ കാര്യം സംബന്ധിച്ച് ചോദിക്കുന്നു ഉടനെ ഹുൽദ പ്രവാചകി ഈ രാജാവിൻ്റെ അടുത്തേക്ക് ഒരു മറുപടി പറഞ്ഞു കൊടുക്കുന്നത് നമ്മൾ അതിൻ്റെ മുപ്പത്തിനാലാം അധ്യായം രണ്ട് ദിനവൃത്താന്തം മുപ്പത്തിനാലിൻ്റെ ഇരുപത്തേഴിൽ വായിക്കുകയാണ് രണ്ട് ദിനവൃത്താന്തം മുപ്പത്തിനാല് ഇരുപത്തേഴ് അവിടെ പറയുന്നു ഈ സ്ഥലത്തിനും നിവാസികൾക്കും വിരോധമായുള്ള ദൈവത്തിൻ്റെ വചനങ്ങളെ നീ കേട്ടപ്പോൾ നിൻ്റെ ഹൃദയം അലിഞ്ഞ് നീ അവൻ്റെ മുമ്പാകെ നിന്നെ തന്നെ താഴ്ത്തുകയും എൻ്റെ മുമ്പാകെ നിന്നെ തന്നെ താഴ്ത്തി നിന്റെ വസ്ത്രം കീറി എൻ്റെ മുമ്പാകെ കരയുകയും ചെയ്യുക കൊണ്ട് ഞാനും നിന്റെ അപേക്ഷ കേട്ടിരിക്കുന്നു യേഹോ എന്ന യെഹോയുടെ അരുളപ്പാട് അതുകൊണ്ട് നീ ഈ സ്ഥലത്ത് വരുത്താൻ പോകുന്ന അനർത്ഥമൊന്നും നിൻ്റെ കണ്ണ് കാണുകയില്ല എന്ന് രാജാവിനോട് പറയാൻ ഹുൽദാ പ്രവാചകി തൻ്റെ അടുക്കൽ വന്ന ആളുകളെ പറഞ്ഞയക്കുന്നു അവർ ആ കാര്യം രാജാവിനോട് പറയുകയും ചെയ്യുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ യോഷിയാവ് തൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ദൈവത്തിൻ്റെ മുമ്പാകെ തന്നെ തന്നെ താഴ്ത്തുകയും വസ്ത്രം കീറുകയും കരയുകയും ഒക്കെ ചെയ്ത ഒരാളാണ് ഇതേപോലെ തന്നെ ഒരു രംഗം ഈ യോശിയാവിൻ്റെ മുത്തച്ഛനായ മനശയുടെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട് യോശിയാവിൻ്റെ പിതാവ് ആമോൻ ആമോന്റെ പിതാവായിരുന്നു മനശ ആ മനശയുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ മുമ്പാകെ അവൻ തന്നെ താൻ താഴ്ത്തി പ്രാർത്ഥിച്ച ഒരു രംഗത്തെ കുറിച്ച് ഇതിൻ്റെ തലേ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് മുപ്പത്തിമൂന്നാം അധ്യായം രണ്ട് ദിനവൃത്താന്തം മുപ്പത്തിമൂന്നാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടോ പതിമൂന്നോ വാക്യങ്ങള് വായിക്കുക അവിടെ മനഷ വലിയ കഷ്ടത്തിലായി മനഷെ ഏർ കൊളുത്തുകളാൽ ചങ്ങലയിട്ട് ബാബയിലേക്ക് കൊണ്ടുപോയി കഷ്ടത്തിലായപ്പോൾ അവൻ തൻ്റെ ദൈവമായ യുഹോവയോട് അപേക്ഷിച്ചു തൻ്റെ പിതാക്കന്മാരുടെ ദൈവത്തിൻ്റെ മുമ്പിൽ തന്നെ താൻ ഏറ്റവും താഴ്ത്തി അവനോട് പ്രാർത്ഥിച്ചു അവനവൻ്റെ പ്രാർത്ഥന കൈകൊണ്ട് അവൻ്റെ യാചന കേട്ട് അവനെ വീണ്ടും എരിശലേമിൽ അവൻ്റെ രാജ്യത്വത്തിൽ തിരിച്ചു വരുത്തി യഹോവ തന്നെ ദൈവം എന്ന മനശ്ശ്ക്ക് ബോധ്യമായി യഹോവയാണ് ദൈവം എന്ന് ബോധ്യമില്ലാത്ത ഒരാളായിരുന്നു മനശ മനശ്ശ ചെറുപ്പം മുതൽ തന്നെ ബാൽ വിഗ്രഹങ്ങൾക്ക് ബലിപീഠങ്ങളെ അശ്വരാപ്രതിഷ്ഠകളെ ഉണ്ടാക്കുകയും ആകാശത്തിലെ സർവ്വസൈന്യത്തെയും നമസ്കരിച്ച് സേവിച്ച് ജീവിക്കുകയും അങ്ങനെ ദൈവത്തെ തള്ളിക്കളഞ്ഞ് ജീവിച്ചിരുന്ന ഒരുവനായിരുന്നു മനശ അതിൻ്റെ മുപ്പത്തിമൂന്നിൻ്റെ ആറാമത്തെ വാക്യം നോക്കുക അവൻ തൻ്റെ പുത്രന്മാരെ ബെൻഹിന്നോൺ താഴ്വരയിൽ അഗ്നിപ്രവേശം ചെയ്യിച്ചു മുഹൂർത്തം നോക്കി ആഭിചാരങ്ങളും ക്ഷുദ്രങ്ങളും പ്രയോഗിച്ചു വെളിച്ചപ്പാടന്മാരെയും ലക്ഷണം പറയുന്നവരെയും നിയമിച്ചു യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് പലതും ചെയ്ത് അവനെ കോപിപ്പിച്ചു മനുഷ്യയുടെ മുൻകാല ജീവിതം എന്ന് പറയുന്നത് അങ്ങേയറ്റം മോശമായ ഒരു കാര്യമാണ് ദൈവത്തിന് അനിഷ്ടമായ കാര്യങ്ങളേ അവൻ ചെയ്തിട്ടുള്ളൂ എന്നാൽ അവൻ്റെ കഷ്ടതയുടെ സമയത്ത് അവനൊരു തിരിച്ചറിവുണ്ടായി അവൻ യഹോയുടെ മുമ്പാകെ തന്നെ തന്നെത്താൻ താഴ്ത്തി അവനോട് പ്രാർത്ഥിച്ചു ദൈവം അവൻ്റെ പ്രാർത്ഥന കൈക്കൊണ്ടു യോശിയാവും ആ ന്യായ പുസ്തകം വായിച്ചപ്പോൾ തന്നെത്താൻ താഴ്ത്തി ദൈവസന്നിധിയിലെ പ്രാർത്ഥിക്കുന്നു ഞാന് ഈ രണ്ട് കാര്യങ്ങൾ യോശിയാവിൻ്റെ ജീവിതത്തിലും അതുപോലെ തന്നെ യോശിയാവിൻ്റെ മുത്തച്ഛനായ മനുഷ്യരുടെ ജീവിതത്തിലും ഉണ്ടായ ഈ രണ്ട് കാര്യങ്ങൾ വായിച്ചത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് സാധാരണ കേൾക്കുന്ന മറ്റൊരു വാക്യത്തോട് ഈ രണ്ട് വാക്യങ്ങൾക്കും ഉള്ള സാദൃശ്യം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് മഹാമാരിയൊക്കെയുള്ള ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാക്യം എനിക്ക് തോന്നുന്നു രണ്ട് ദിനവൃത്താന്തത്തിൽ തന്നെ അതിൻ്റെ ഏഴാമധ്യായത്തിൻ്റെ പതിനാലാമത്തെ വാക്യമാണ് അവിടെ എന്താ എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ട് തിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും ഈ വാക്യം ഇന്ന് നമ്മളുടെ ലോകം ഒരു മഹാമാരിയിലൂടെ കടന്നു പോകുന്ന ഈ ഘട്ടത്തിൽ പല ആരും വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യാറുള്ളതാണല്ലോ പ്രിയപ്പെട്ടവർ ഈ വാക്യത്തോട് വളരെ ബന്ധപ്പെട്ട അതേ പ്രയോഗങ്ങൾ തന്നെയാണ് താഴ്ത്തുക പ്രാർത്ഥിക്കുക മുഖം അന്വേഷിക്കുക അതേ കാര്യങ്ങൾ തന്നെയാണ് മനശേയും യോശിയാവും ചെയ്തത് രണ്ട് ദിനവൃത്താന്തം മുപ്പത്തിനാലിൻ്റെ ഇരുപത്തി ഏഴിലും മുപ്പത്തിമൂന്നിൻ്റെ പന്ത്രണ്ട് പതിമൂന്നിലും യോശിയാവും മനശേയും ചെയ്തത് ഇതേ കാര്യമാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ അവർ തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ മുഖം അന്വേഷിച്ചു അപ്പോൾ ആ വാക്യങ്ങളോട് ചേർന്ന് നമുക്ക് രണ്ട് ദിനവൃത്താന്തം ഏഴിൻ്റെ പതിനാല് നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ചിന്തിക്കാം എന്ന് കരുതുന്നു അവിടെ കണ്ടോ ഇത് ശലോമോൻ യഹോയുടെ ആലയും രാജധാനിയും തീർത്തു കഴിഞ്ഞപ്പോൾ യഹോവ രാത്രി ശലോമോന് പ്രത്യക്ഷനായി ശലോമോനോട് പറയുന്നു നീ എന്തു വേണം ഞാൻ മുന്നോട്ട് പോകുമ്പോൾ ഒരുപക്ഷെ ഇസ്രായേൽ മക്കൾ ദൈവത്തെ അന്വേഷിക്കാതെ എന്നെ അന്വേഷിക്കാതെ അവരവരുടെ വഴിക്ക് തിരിഞ്ഞാൽ അതിൻ്റെ പതിമൂന്നാം വാക്യം ഞാൻ എന്തു ചെയ്യും മഴ പെയ്യാതിരിക്കേണ്ടതിന് ആകാശം അടച്ചു അല്ലെങ്കിൽ ദേശത്തെ തിന്നു മുടിക്കേണ്ടതിന് വെട്ടുക്കളിയോട് കൽപ്പിക്കും അല്ലെങ്കിൽ എൻ്റെ ജനത്തിൻ്റെ ഇടയിൽ മഹാമാരി വരുത്തും ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ എന്ത് വേണം എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടു ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിച്ച് ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും പ്രിയപ്പെട്ടവരെ നമുക്കും ഇന്ന് വേണ്ടത് എന്താ നമ്മുടെ ദേശത്തിനൊരു സൗഖ്യമാ വേണ്ടത് ആ ദേശത്തിന് സൗഖ്യം ഉണ്ടാകണമെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന നമ്മൾ തന്നെയാണ് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കേണ്ടത് ഉത്തരവാദിത്വം നമുക്കാണ് കണ്ടോ അവിടെ അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത് ഒന്ന് മഴ പെയ്യാതിരുന്നാൽ ചിലപ്പോൾ മഴ പെയ്യാതിരിക്കുന്നതായിരിക്കുകയല്ല മഴ കൂടുതൽ പെയ്ത് വെള്ളപ്പൊക്കം വന്നാലും അതിൻ്റെ മറുവശമാണല്ലോ രണ്ട് ദേശത്തെ തിന്നു മുടിക്കേണ്ടതിന് വെട്ടുക്കളിയോട് കൽപ്പിക്കുക ഇന്ന് ഉത്തരേന്ത്യയിലൊക്കെ പലയിടത്തും വെട്ടുക്കളിയുടെ ശല്യം വളരെ വ്യാപകമായിട്ടുണ്ടെന്നുള്ള വാർത്തകൾ വരിക അപ്പൊ വെട്ടുക്കളി ശല്യം മൂന്ന് മഹാമാരി കണ്ടോ നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടത്തോട് ചേർന്നുള്ള മൂന്ന് കാര്യങ്ങളാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് ദൈവം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ വന്നാൽ നമ്മൾ എന്ത് വേണം നമ്മൾ തന്നെ മുൻകൈ എടുത്ത് ഏർ നമ്മൾ നമ്മളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ മുഖം അന്വേഷിച്ച് ദുർമാർഗങ്ങളെ വിട്ട് തിരിഞ്ഞാൽ ഇത്രയും നമ്മൾ ചെയ്യണം അത്രയും ചെയ്താൽ ദൈവം എന്ത് ചെയ്യും ദൈവം കേൾക്കും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ചെവിപ്പുത്തി കളയുകയില്ല നമ്മുടെ പാപം ക്ഷമിക്കും ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഈ മികീതോ താഴ്വരയെ നമ്മുടെ ആ ചിന്ത യോശിയാവിലേക്ക് നമ്മളെ യോശിയാവ് തന്നെത്താൻ താഴ്ത്തി പ്രാർത്ഥിച്ചു യോശിയാവിൻ്റെ മുത്തച്ഛൻ മനസ്സെ തന്നെത്താൻ താഴ്ത്തി പ്രാർത്ഥിച്ചു ഈ രണ്ട് തന്നെത്താൻ താഴ്ത്തി പ്രാർത്ഥിച്ച രണ്ട് പ്രാർത്ഥനകളും നമ്മളെ രണ്ട് ദിനവൃത്താന്തം ഏഴിൻ്റെ പതിനാലിലേക്ക് നയിച്ചു അവിടെ വന്നപ്പോൾ ഇന്ന് നമ്മുടെ കാലം കടന്നു പോകുന്ന അതുപോലെ തന്നെ മഴ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ വെട്ടുകളി സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ മഹാമാരി സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ അവ വന്നാൽ ദൈവം തന്നെ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് നമ്മൾ അവിടെ നമ്മളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിക്കണം എന്നാണ് ഈ വാക്യങ്ങൾ പഴയ നിയമവാക്യങ്ങളായിട്ട് എടുക്കേണ്ട നമ്മളെ സംബന്ധിച്ചും ഇത് പ്രസക്തമാണ് നമ്മളാണ് ദൈവത്തിൻ്റെ ആലയം ദൈവത്തിൻ്റെ ആലയമായ നമ്മൾ ഒന്ന് പോരും തീരള് നമ്മളാണ് ദൈവത്തിൻ്റെ മന്ദിരം എന്ന് നമ്മൾ വായിക്കുന്നല്ലോ അതുകൊണ്ട് ഈ ശലോമോൻ്റെ ആലയത്തിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന മാത്രമല്ല ദൈവത്തിൻ്റെ മന്ദിരമായ നമ്മൾ ഇന്ന് നമ്മളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ചാൽ അതും ദൈവം സ്വീകരിച്ച് ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും അങ്ങനെ ഇതൊരു പഴയ നിയമവാക്യമായിട്ട് തള്ളിക്കളയാതെ നമ്മൾ ഇന്നായിരിക്കുന്ന സാഹചര്യത്തോട് ചേർത്ത് ഇതിനെ എടുക്കുന്നതും നന്നായിരിക്കും എന്ന് തോന്നുന്നു പ്രിയപ്പെട്ടവരെ നമുക്കിന്ന് വേണ്ടത് ദേശത്തിൻ്റെ ഒരു സൗഖ്യമാണ് രണ്ട് ദിനവൃത്താന്തം ഏഴിൻ്റെ പതിനാലനുസരിച്ച് ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കണമെങ്കിൽ അതിന് ചില വ്യവസ്ഥകൾ പറയുന്നുണ്ട് ഒന്നെന്ന് പറയുന്നത് എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം അവിടെ ചില കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് നമ്മൾ ദൈവസന്നിധിയിൽ കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചു ദൈവത്തിൻ്റെ നാമം വിളിക്കപ്പെട്ട് ദൈവസഭയിൽ ദൈവത്തിൻ്റെ ജനമായിട്ട് നിൽക്കുന്നു അങ്ങനെയുള്ളപ്പോൾ തന്നെ നമ്മൾ ഓർക്കേണ്ടത് ശരിക്കും ദൈവത്തിന് നമ്മളെ തൻ്റെ ജനം എന്ന് വിളിക്കത്തക്കവണ്ണം ഒരു സെൻസ് ഓഫ് ബിലോങ്ങിങ് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം നമ്മെ നോക്കുമ്പോൾ കാണുമോ എന്നുള്ളതാണ് അതോ ഒരു പകുതി മനസ്കരായ ദൈവജനമാണോ അങ്ങനെയുള്ളവരെ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം അവരാണ് തങ്ങളെ തന്നെ താഴ്ത്തി മുഖം അന്വേഷിച്ചു ദുർമാർഗങ്ങളെ വിട്ടു ദൈവം ഈ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കുന്നത് ഈ ലോകമനുഷ്യര് അവരും ദൈവത്തെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ടാവും പക്ഷെ അതല്ല ദൈവം നോക്കുന്നത് എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം അവരത് ചെയ്യുന്നുണ്ടോ അവരാണ് അതിൻ്റെ ഉത്തരവാദിത്വമുള്ളവർ അങ്ങനെയുണ്ടെങ്കിൽ ഈ കാര്യത്തിൽ നമുക്ക് എത്ര വലിയ ഉത്തരവാദിത്വമാണുള്ളത് അതുപോലെ തന്നെ നമ്മൾ ദൈവത്തിൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന അവിടുത്തെ ജനം എന്ന അവിടത്തേക്ക് അവകാശബോധത്തോടെ പറയത്തക്കവണ്ണം നാം ഇന്നായിരിക്കുന്നു എന്ന കാര്യം നമ്മൾ ഒന്നാമതായിട്ട് നമ്മളെ തന്നെ ആ നിലയിൽ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് പ്രിയപ്പെട്ടവർ ഇന്നത്തെ കാലഘട്ടം നോക്കുമ്പോൾ പഴയതിനേക്കാൾ വിശ്വാസത്യാഗം സംഭവിക്കുന്ന ഒരു കാലഘട്ടമാണ് വിശ്വാസത്യാഗമെന്ന് വെച്ചാൽ വിശ്വാസം ത്യജിച്ചു പോകുന്ന ഒരു കാലഘട്ടം പണ്ടൊക്കെ എപ്പിസ്കോപ്പൽ സഭകൾ പൗരോഹിത്യ സഭകളിൽ നിന്നൊക്കെ ധാരാളം പേര് കർത്താവിനെ രക്ഷകനും നാഥനുമായിട്ടൊക്കെ സ്വീകരിച്ച് പുതിയ നിയമസഭകളിലേക്ക് വരാറു വരാറുള്ളത് ഒരു സാധാരണ സംഭവമായിരുന്നു അവിടെ തന്നെയുള്ള ചില പുരോഹിതന്മാർ പോലും ചില ആ നിലയിലെ പ്രധാനപ്പെട്ട ആളുകൾ പോലും ദൈവവചനം വായിച്ച് രക്ഷിക്കപ്പെട്ട് വിശ്വാസ സ്നാനം സ്വീകരിച്ച് വേർപ്പെട്ട സഭകളിലേക്ക് വരുന്ന ആ രംഗങ്ങൾ ഞാൻ ഓർക്കുന്നുണ്ട് എനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന ചില പ്രിയപ്പെട്ടവരെ കാനമച്ചനെ പോലെയൊക്കെയുള്ള ചില ആളുകൾ അവർ പുരോഹിതന്മാരായിരിക്കെ തന്നെ കുപ്പായമൊക്കെ ഊരി യഥാർത്ഥത്തിൽ ദൈവസഭയിലേക്ക് വരുന്ന ഒരു നിലപാട് എന്നാൽ ഇന്ന് ഇന്ന് ഈ നിലയിലുള്ള പുതിയ നിയമസഭകളിൽ വളരെ നാളുകൾ പാസ്റ്ററന്മാരും ആയിരുന്ന പലരും പോലും അവർ നാളുകൾക്ക് ശേഷം മടങ്ങി ഈ നിലയിലുള്ള പൗരോഹിത്യ സഭകളിലേക്ക് പോകുന്നതിൻ്റെ വാർത്തകളും ഒന്നിലേറെ പേരങ്ങനെ പോകുന്ന ഒരു കാലഘട്ടവും ഒക്കെയായിട്ട് ഈ കാലഘട്ടത്തെ നമ്മൾ മനസ്സിലാക്കണം ഇതൊരു വിശ്വാസത്യാഗമാണ് ഒരു മടങ്ങിപ്പോക്കാണ് അതെന്ന് പറയുന്നത് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് മുമ്പ് ഇങ്ങനെയുള്ള വിശ്വാസം ത്യജിച്ചുള്ള പോക്ക് ഉണ്ടാകും വിശ്വാസത്യാഗങ്ങൾ ധാരാളമായി ഉണ്ടാകും എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവർ അങ്ങനെയുള്ള വിശ്വാസത്യാഗങ്ങൾ കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷണമായിട്ട് നമുക്കെടുക്കാം അപ്പോൾ തന്നെ നമ്മൾ അക്ഷരാർത്ഥത്തിൽ അങ്ങനെ മടങ്ങിപ്പോകുന്നില്ലായിരിക്കുമെങ്കിലും നമ്മൾ മനസ്സുകൊണ്ട് ഒരു മടങ്ങിപ്പോക്ക് ഓ ഇത്രയൊക്കെ മതി എന്ന് പറഞ്ഞ് എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനത്തെക്കുറിച്ച് ദൈവത്തിനുള്ള ആ നിലയിലുള്ള ഒരു പ്രതീക്ഷയ്ക്കൊപ്പം നമ്മൾ വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മളെ തന്നെ ഈ വ്യവസ്ഥയോടുള്ള ബന്ധത്തിൽ ശോധന ചെയ്യേണ്ടതായിട്ടുണ്ട് രണ്ടാമത് അങ്ങനെയുള്ളവർ തങ്ങളെ തന്നെ താഴ്ത്തണം തങ്ങളെ തന്നെ താഴ്ത്തുക താഴ്ത്തുക എന്ന് പറയുമ്പോൾ ലൂക്കോസ് പതിനെട്ടിൽ നമ്മൾ വായിക്കുന്ന ചുങ്കക്കാരൻ അവൻ ദൈവത്തിൻ്റെ മുമ്പാകെ തന്നെ തന്നെ താഴ്ത്തി താഴ്ത്തിയപ്പോൾ അവന് ദൈവത്തിൻ്റെ പാപക്ഷമ ലഭിച്ചു അതേസമയം പരീശൻ തന്നെ തന്നെ താഴ്ത്തിയില്ല നമ്മൾ പ്രാർത്ഥനയെന്നു വെച്ചാൽ അവിടെ നമ്മളെ തന്നെ താഴ്ത്തുന്ന ഒരു മനോഭാവമാണ് ഇതിൻ്റെ അർത്ഥം നമ്മൾ നമ്മളെ തന്നെ താഴ്ത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ദോഷിയാണ് പാപിയാണ് എന്ന് വെറുതെ പറയുന്നതല്ല മറിച്ച് നമ്മൾ യഥാർത്ഥത്തിൽ അങ്ങനെയൊക്കെ തന്നെയാണല്ലോ കാരണം ഏഷ്യാവിൻ്റെ പുസ്തകം അറുപത്തിനാലിൻ്റെ ആറാമത്തെ വാക്യത്തിൽ നമ്മുടെ ഏറ്റവും നല്ല നീതി പ്രവർത്തികൾ പോലും ദൈവത്തിൻ്റെ മുമ്പാകെ കറ തുണി പോലെയാണ് എന്ന് നമ്മൾ വായിക്കുന്നു യഥാർത്ഥത്തിലെ ദൈവവെളിച്ചത്തിന് മുമ്പാകെ നമ്മളുടെ നല്ല പ്രവർത്തികളിൽ പോലും സ്വാർത്ഥതയുടെ കറ കാണാനായിട്ട് കഴിയും നമ്മൾ ചിലർക്ക് ചില നല്ല കാര്യങ്ങൾ ചെയ്യുന്നു അതൊക്കെ ചെയ്യുമ്പോൾ പോലും യഥാർത്ഥ ദൈവവെളിച്ചത്തിന് മുമ്പാകെ അത് നമ്മുടെ പേരിനോ പ്രശംസയ്ക്കോ അതുപോലെ തന്നെ ചില കാര്യങ്ങൾ ചെയ്തത് സ്വാർത്ഥതയ്ക്കോ ഒക്കെ വേണ്ടിയാണെങ്കിൽ അതൊക്കെ ദൈവമും കറപുരണ്ട തുണി പോലെ മാത്രമേ ഇരിക്കുന്നുള്ളൂ അപ്പോൾ യഥാർത്ഥത്തിൽ ദൈവമുംഭാഗം നമ്മൾ ജീവിക്കുമ്പോൾ നമുക്കെപ്പോഴും നമ്മൾ പലപ്പോഴും പറയാറുള്ളത് പൗലോസിനെ പോലെ ഞാൻ ഭാവികളിൽ ഒന്നാമൻ എന്ന് മാത്രമാണ് നമുക്ക് പറയാൻ കഴിയുന്നത് അപ്പോൾ താഴ്ത്തുക എന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെ വെറുതെ ഇടിച്ച് താഴ്ത്തുന്നതല്ല മറിച്ച് നമ്മുടെ യഥാർത്ഥ അവസ്ഥ ദൈവീക വെളിച്ചത്തിന് മുമ്പ് കണ്ട് അത് സമ്മതിക്കുന്നതാണ് താഴ്ത്തുക എന്ന് പറയുന്നത് അടുത്തതായിട്ട് താഴ്ത്തി പ്രാർത്ഥിച്ച് പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ നമുക്കെപ്പോഴും ഒരു പ്രാർത്ഥന ഉരുവിട്ടുകൊണ്ട് നടക്കാൻ കഴിഞ്ഞു എന്ന് വരികയില്ല പക്ഷേ പ്രാർത്ഥനയുടെ ഒരു മനോഭാവമുണ്ട് യശയാവിൻ്റെ പുസ്തകം അറുപത്തിയാറാമത്തെ രണ്ടാമത്തെ വാക്യത്തിൽ അരിഷ്ടനും മനസ്സ് തകർന്നവനും എൻ്റെ വചനത്തിൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്നത് ആരാണ് പ്രാർത്ഥിക്കുന്നത് ഒരു ആവശ്യബോധമുള്ള ആളാണ് നമ്മൾ തന്നെ മനസ്സ് തകർന്ന് നമുക്കൊരു ആശ്രയബോധമുണ്ടെങ്കിൽ ആ ഒരു ബോധ്യത്തോടെ നമ്മൾ പോകുമ്പോൾ നമ്മൾ അക്ഷരാർത്ഥത്തിൽ ഒരു പ്രാർത്ഥന ഉരുവിട്ടില്ലെങ്കിൽ പോലും ആ പ്രാർത്ഥനയുടെ മനോഭാവം നമ്മളുണ്ടെങ്കിൽ ദൈവം അത് പ്രാർത്ഥനയായിട്ട് കണക്കെടുക്കും അതേസമയം തന്നെ നമ്മൾ വളരെ നീണ്ട ഒരു പ്രാർത്ഥന മനോഹരമായ വാക്കുകൾ ഉപയോഗിച്ച് പറഞ്ഞാലും പ്രാർത്ഥനയുടെ പിന്നിൽ വേണ്ട ആ താഴ്മയുടെ മനോഭാവം ഇല്ലെങ്കിൽ ലൂക്കോസ് പതിനെട്ടിലെ ആ പരീശൻ്റെ പ്രാർത്ഥന പോലെ അത് ദൈവം കൈക്കൊള്ളാതിരിക്കും എന്നുള്ളതാണ് പ്രാർത്ഥന എന്നുള്ളതുമായിട്ട് ചേർത്ത് നമുക്ക് ചിന്തിക്കാവുന്നത് മുഖം അതാണ് അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് മുഖം അന്വേഷിക്കുക നമ്മൾ ഇരുപത്തി ഏഴാം സങ്കീർത്തനം അതിൻ്റെ എട്ടാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഏർ എൻ്റെ മുഖം അന്വേഷിപ്പീൻ എന്ന് ദൈവത്തിൽ നിന്ന് കൽപ്പന വന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത് ദൈവം എപ്പോഴും നമ്മൾ അവിടുത്തെ മുഖം അന്വേഷിക്കണം എന്ന് ആഗ്രഹിക്കുന്നു മുഖം എന്ന് വെച്ചാൽ ദൈവത്തെ തന്നെ അന്വേഷിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം എൻ്റെ മുഖം അന്വേഷിപ്പീൻ എന്ന് നിങ്ങൾ നിന്ന് കൽപ്പന വന്നു എന്ന് എൻ്റെ ഹൃദയം പറയുന്നു നൂറ്റി അഞ്ചാമത്തെ സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ നൂറ്റി അഞ്ചാമത്തെ സങ്കീർത്തനത്തിൽ അതിൻ്റെ മൂന്നാമത്തെ വാക്യം യേഹോവയുടെ മുഖം അന്വേഷിക്കുന്നവരുടെ അല്ലെങ്കിൽ യഹോവയെ അന്വേഷിക്കുന്നവരുടെ ഹൃദയത്തിൽ എന്തുണ്ട് അവിടെ സന്തോഷമുണ്ടെന്നാണ് നമ്മൾ കാണുന്നത് നൂറ്റിയഞ്ചാം സങ്കീർത്തനം അതിൻ്റെ മൂന്നും നാലും വാക്യങ്ങൾ യഹോവയെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം സന്തോഷിക്കട്ടെ യഹോവയെയും അവൻ്റെ ബലത്തെയും തിരവിൻ മുഖത്തെ ഇടവിടാതെ അന്വേഷിപ്പീൻ അവൻ കണ്ടോ എന്റെ മുഖം അന്വേഷിപ്പീൻ എന്ന് നിങ്ങൾ നിന്ന് കൽപ്പന വന്നു അതിനോടുള്ള ഒരു പ്രതികരണം നിലയിൽ നൂറ്റി അഞ്ചാം സങ്കീർത്തനത്തിൻ്റെ നാലാം വാക്യത്തിൽ അവൻ്റെ മുഖം ഇടവിടാതെ അന്വേഷിപ്പീൻ എന്ന സങ്കീർത്തനക്കാര് നമ്മളെ ഉത്ബോധിപ്പിക്കുന്നു എന്ന് മാത്രമല്ല അങ്ങനെ നമ്മൾ അന്വേഷിക്കുമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ഒരു സന്തോഷമുണ്ടാകും എന്നുള്ള കാര്യവും അവിടെ കാണുന്നുണ്ട് ആവർത്തന പുസ്തകത്തിൻ്റെ നാലാമധ്യായം അതിൻ്റെ ഇരുപത്തിയൊൻപതാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മളെങ്ങനെയാണ് ദൈവത്തെ അന്വേഷിക്കേണ്ടത് കേവലം വികാരപരമായി മാത്രം അന്വേഷിച്ചാൽ പോരാ അല്ലെങ്കിൽ കേവലം നമ്മളെ ഒരു ചിന്ത കൊണ്ട് മാത്രം അന്വേഷിച്ചാൽ പോരാ വികാരവും ചിന്തയും രണ്ടും ചേർന്ന് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ അവനെ അന്വേഷിക്കുന്നതിനെ ആവർത്തന പുസ്തകം നാലാമധ്യായം അതിൻ്റെ ഇരുപത്തി ഒൻപതാം വാക്യത്തിൽ നമ്മളെ വായിക്കുന്നത് നിന്റെ ദൈവമായുഹവേ നീ തിരകയും പൂർണഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ അന്വേഷിക്കുകയും ചെയ്താൽ എന്താ അവനെ കണ്ടെത്തും അപ്പൊ കണ്ടോ ആ എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി തങ്ങളെ തന്നെ തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടു അതാണ് അടുത്ത ഒരു വ്യവസ്ഥയായിട്ട് പറഞ്ഞിരിക്കുന്നത് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ക്രമീകരിക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ ആ കാര്യം ക്രമീകരിക്കണം നമ്മൾ ലൂക്കോസ് പതിനെട്ടിലെ ചുങ്കക്കാരൻ അവന് കാര്യങ്ങൾ ക്രമീ അവന് ആ നിലയിൽ ദൈവസന്നിധിയിൽ തന്നെ തന്നെ ക്രമീകരിച്ച് നിലവിളിച്ച് തന്നെ താൻ താഴ്ത്തി അതുകൊണ്ട് അവൻ്റെ പ്രാർത്ഥന കേട്ടു എന്ന് നമ്മൾ വായിക്കുന്നല്ലോ അതുപോലെ അതിൻ്റെ അടുത്ത അധ്യായം ലൂക്കോസ് പത്തൊൻപതിലെ മറ്റൊരു ചുങ്കക്കാരിൽ പ്രമാണീയം നമ്മൾ കാണുന്നുണ്ട് അത് സക്കായിയാണ് സക്കായി എന്താ യേശു അവനെ വിളിക്കുമ്പോൾ അവൻ നിന്നുകൊണ്ട് ലൂക്കോസിൻ്റെ സുശേഷം പത്തൊൻപതാം അത്യായത്തിൽ അവൻ പറയുന്നു കർത്താവേ നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല ഞാന് ചില കാര്യങ്ങൾ തെറ്റായിട്ട് ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ആ നിലയിൽ മടക്കി കൊടുക്കാം മടക്കി കൊടുക്കാം എന്ന് പറഞ്ഞ് ക്രമീകരണം ചെയ്യുന്നു അപ്പോൾ കണ്ടോ ദുർമാർഗങ്ങളെ വിട്ടു തിരിയുക എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം അത് നമ്മളാണ് നമ്മളെ തന്നെ താഴ്ത്തണം പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കാതെ ഒരു മനോഭാവമാണ് താഴ്ത്തുക നമ്മുടെ അവസ്ഥ യഥാർത്ഥ അവസ്ഥ ദൈവിക വെളിച്ചത്തിൽ കാണുന്നതാണ് മുഖം ദൈവത്തെ തന്നെ തിരയുന്നതാണ് പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിച്ചാൽ നമ്മൾ കണ്ടെത്തും ആ വിട്ട് തിരിയുക എന്തെങ്കിലും കാരണങ്ങൾ കാര്യങ്ങൾ ക്രമീകരിക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ അതെ ക്രമീകരിക്കുക അതൊക്കെ ചെയ്താൽ ദൈവം ഇനി ദൈവത്തിന്റെ ഭാഗത്ത് നിന്ന് ദൈവം കേൾക്കും അവിടുന്ന് ചെവി പൊത്തി കളയുകയില്ല ക്ഷമിക്കും മൂന്നാമത് ദേശത്തിന് സൗഖ്യം വരുത്തും പ്രിയപ്പെട്ടവരെ മെഗീതോ താഴ്വരയിലെ ആ വിലാപം നമ്മളോട് ആവശ്യപ്പെടുന്നത് നമ്മൾ ദൈവത്തിൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന തൻ്റെ ജനം നമ്മളെ തന്നെ താഴ്ത്തി അത് നമ്മളാണ് നമ്മളെ തന്നെ താഴ്ത്തി നമുക്കാണ് ഉത്തരവാദിത്വം ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു നമ്മൾ നമ്മളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് അവിടുത്തെ മുഖം ദുർമാർഗങ്ങളെ വെട്ടിത്തിരിഞ്ഞാൽ ദൈവ സ്വർഗത്തിൽ നിന്ന് കേട്ട പാപം ക്ഷമിച്ച് ദേശത്തിന് സൗഖ്യം വരുത്തി തരും അതുകൊണ്ട് നമുക്ക് ഈ വചനങ്ങളെ നമുക്ക് ഗൗരവമായിട്ട് എടുക്കാം മെഗീതോ താഴ്വരയിലെ വിലാപോ നമുക്കും ദൈവസന്നതിൽ നമ്മളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് മുഖം അന്വേഷിച്ച് ദൈവത്തിൻ്റെ അടുത്തേക്ക് തിരിയാനായിട്ട് നമ്മളെ ഉത്സാഹിപ്പിക്കട്ടെ ഈ വചനങ്ങളെ സഹായം